രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നീ തന്നെ ക്ഷമയോടെ നിലനിർത്തുക അവർ അവൻറെ പ്രീതിയാണാഗ്രഹിക്കുന്നത് ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മോഹിച്ചുകൊണ്ട് നിന്റെ കണ്ണുകൾ അവരിൽ നിന്ന് തിരിയരുത് നമ്മുടെ സ്മരണയിൽ നിന്ന് ഹൃദയം അശ്രദ്ധമായവനേയും തൻറെ തന്നിഷ്ടത്തെ പിന്തുടർന്നവനെയും നീ അനുസരിക്കരുത് അവൻറെ കാര്യങ്ങൾ അങ്ങേയറ്റം ക്രമരഹിതമായിരുന്നു